നിങ്ങൾക്കെതിരെ അവരുടെ കൈകളെയും അവർക്കെതിരെ നിങ്ങളുടെ കൈകളെയും മക്കയുടെ താഴ്വരയിൽ വെച്ച് തടഞ്ഞതവനാകുന്നു അവൻ നിങ്ങളെ അവർക്കുമേൽ വിജയിപ്പിച്ചതിനു ശേഷമാണത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസ്ബഹാനഹൂവാല എല്ലാം കാണുന്നവനാകുന്നു